ക്ഷണനിരത്തിമാണം ഹരി സൌദ്യക്ഷരംമൂടോതിയദക്ഷിണമൂർത്തിനോ തദ്വന്ദേ സനന്ദപ്രദോതം ഇക്ഷവിദൃക്തിസ പ്രകത്ഭവാം വിനീതികുഷാ പ്രണമനിർന്നോഹ അമലായി അനുവചനീയ അവിദ്യ അതെന്താണെന്നാണ് ചോദിക്കുന്നത് കാരണം അവിദ്യന്ന് വെച്ചാൽ വിദ്യയുടെ അഭാവം ജ്ഞാനത്തിന്റെ അഭാവം താർക്കികന്മാരെ സംബന്ധിച്ച് ആത്മാവിൽ സമവായ സംബന്ധത്തിൽ ജ്ഞാനം ഉണ്ടാവും ഉണ്ടാകുന്നതിന് മുമ്പ് അതിന്റെ പ്രാഗഭാവം നശിച്ചാൽ അതിന്റെ പ്രഥും അഭാവം പ്രാഗഭാവം പ്രധുവും സ്വഭാവം ഇത് രണ്ടുമാണ് അവിദ്യയാണെങ്കിൽ ജ്ഞാനം വിദ്യയാണെങ്കിൽ അവിദ്യ എന്ന് പറഞ്ഞാൽ ജ്ഞാനാഭാവമായി ഇതല്ലാതെ നിങ്ങൾ പറയുന്ന അനുവചനീയ അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ ഒന്നും പ്രസിദ്ധമല്ല അതിന് യുക്തിയും ഇല്ലെന്നാണ്മീതി അവിദ്യ ലോകേ വ്യവഹാരികലംഭാ ജ്ഞാനപ്രാഗാവഭ്രധ്വംസ്യാഗഭാവപ്രധ്വംസ്യൂരേവ ജ്ഞാനത്തിന്റെ പ്രാഗഭാവവും പ്രധ്വംസവും ഇത് രണ്ടുമാണ് എന്നാൽ ഞാനാമീത്തി അവിദ്യാത്വന ലോകെ വ്യാവഹാരിക വ്യവഹാരം വ്യവഹാരം അസ്യസ്ഥ വ്യാവഹാരിക വ്യാവഹാരികണം വ്യവഹാരം വ്യാവഹാരികന്മാരുടെ വ്യവഹരിക്കുന്നവരുടെ വ്യവഹാരം യും മനസ്സിലാക്കാൻ പറ്റൂ ഒന്നുകിൽ ജ്ഞാനത്തിന്റെ പ്രാഗഭാവം അല്ലെങ്കിൽ എന്തുകൊണ്ട് അവിദ്യത്തിന്റെ സമസ്യമാനസ തദ്വിരോധി തദ്വ അർത്ഥവും അഭ്യമേയ ി ഉപപത്തിയില്ല എന്ന് പറഞ്ഞു എൻ്റെ ഒരു യുക്തി പറയാനില്ല കാരണം ന വിദ്യ അവിദ്യ എന്നാണ് നഞ്ഞ് സമാസം വരുന്നു ഏതാണ് സൂത്രം നഞ്ഞ് സൂത്രം ന വിദ്യ അവിദ്യ വന്നുകഴിഞ്ഞാൽ അവിടെ നഞ്ഞിന്റെ അർത്ഥമാണല്ലോ കൂടുതൽ വരുന്നത് നഞ്ഞിന്റെ മൂന്നർത്ഥങ്ങളും നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് തസ്സാദൃശ്യം അഭാവസ് തധന്യത്വം തൽപത അപ്രാശസ്ത്യം വിരോധസ് നഞ്ഞർത്താ ഷഡ്പ്രകീർത്തി ആറർത്ഥങ്ങൾ അവിടെ പഠിച്ചു ഇവിടെ ഇപ്പോ മൂന്നടം പറയാണ് ഒന്ന് തത് അഭാവം പറയുന്നു ഉദാഹരണം സാറിന് പറയുന്നത് ന പാപം അപാപം എന്ന് വെച്ചാൽ പാപത്തിന്റെ അഭാവം അവരർത്ഥം തദ്വിരോധി നധർമ്മം അധർമ്മം ധർമ്മവിരോധി ആണ് അധർമ്മം പിന്നെ വരുന്നത് തത് അന്യം ന അശ്വഹ അനശ്വ അശ്വത്തിൽ നിന്ന് ഭിന്നമായൊരു മൃഗം ഗോ അനശ ഗോഹു ഇങ്ങനെ അഭാവം വിരോധി അന്യം മൂന്നർത്ഥം വരാം എന്നുവെച്ചാൽ ഒരു പദത്തിന് നഞ്ഞുമായിട്ട് ചേർത്ത് സമാസം ചെയ്താൽ ഇങ്ങനെ പ്രസിദ്ധമായ മൂന്നർത്ഥങ്ങൾ വരാം ർത്ഥമായിരിക്കും <coughs> ഇത് ഏതെങ്കിലും അർത്ഥമാണ് സ്വീകരിക്കേണ്ടത് അതിൽ ഇനി ഓരോ അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കുന്നു എന്നുവെച്ചാൽ തഥാവം ന പാപം അപാപം എന്ന് സമാസം ചെയ്ത് തഥഭാവം അർത്ഥം എടുക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ പാപാഭാവം അതുപോലെ അർത്ഥം എടുക്കുകയാണെങ്കിൽ ന അവിദ്യ എന്നെടുത്താലോ ആദ്യ വിദ്യാഭാവിന്ന് പറഞ്ഞാൽ വിദ്യയുടെ അഭാവമു വിദ്യയുടെ അഭാവം എന്ന് പറഞ്ഞാൽ അനർവചനീയമാവുന്നു വിദ്യയുടെ അഭാവം എന്ന് പറഞ്ഞാൽ ഘടാഭാവം എന്ന് പറയുന്നത് പോലെ ഉള്ളു അദ്വൈനക്ക് എന്താ വേണ്ടത് അനർവചനീയമായ അവിദ്യ എന്ന് പറഞ്ഞാൽ വിദ്യ അഭാവം എന്നുള്ള ഒരർത്ഥമേ കിട്ടത്തുള്ളൂ അഭാവാർത്ഥം എടുത്തുള്ളൂ അനുവചനീയമായ അവിദ്യ എന്നുള്ള ഒരർത്ഥം കിട്ടത്തില്ല എന്നാണ് ആദ്യ എന്ന് പറഞ്ഞാൽ അഭാവാർത്ഥം എടുത്തു കഴിഞ്ഞാൽ വിദ്യ അഭാവശ്യാപി വിഗ്രഹിക്കുന്നു വിദ്യായ അഭാവ എന്നെടുത്തു കഴിഞ്ഞാൽ വിദ്യയുടെ അർത്ഥം ഒന്ന് കിട്ടും അത് വേദ്യ അഭാവോ ഏതൊരു വേദ്യത്തിന്റെ അഭാവം പോലെ എന്ന് പറഞ്ഞാൽ പോലെയുള്ളത് അനുവചനീയത അഭാവ അനുവചനീയ അർത്ഥം കിട്ടത്തില്ല ദ്വിതീയേതും രണ്ടാമത്തെ അർത്ഥം എന്താണ് തദ്വിരോധി സംശയ വിപര്യാസാദേ വിദ്യാ വിരോധിനോ ഗുണാന്തരശിവ അനുവചനീയത ഉപപത്തി വിരോധാർത്ഥം വരുന്നത് എങ്ങനെയാണ് അധർമ്മം എന്ന് പറയുമ്പോൾ അവിടെ പാപം എന്നുള്ള അർത്ഥം കിട്ടും എന്തുകൊണ്ട് ധർമ്മത്തിന് വിരോധിയാണ് അങ്ങനെ വരാം അതുപോലെ വിദ്യു പറഞ്ഞ ജ്ഞാനം ആ ജ്ഞാനത്തിന് വിരോധിയാണ് സംശയം വിപരിയം അപ്പൊ വിദ്യാ വിരോധി എന്ന് പറഞ്ഞാൽ സാധാരണ എടുക്കുന്നത് എന്തൊക്കെയാണ് സംശയത്തിനേയും സംശയവും വിപരിയവും ഉണ്ടായ യഥാർത്ഥം ഞാനുണ്ടാകത്തില്ല അപ്പൊ വിദ്യക്ക് യഥാർത്ഥം ഞാനോ വിദ്യയുടെ അർത്ഥ യഥാർത്ഥ ഞാൻ അതിന് വിരോധിയാണ് സംശയം സംശയമെന്നോ വിവര്യടുത്താലും എന്താണ് അനിർവചനീയം എന്നുള്ള അർത്ഥം ഇല്ല എന്തുകൊണ്ട് സംശയവി എന്തുകൊണ്ട് അനർവചനീയെന്നുള്ള അർത്ഥം കിട്ടുന്നില്ല സത്യം അസത്യം സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകസ്മിൻ ധർമ്മിണി നാണാ വിരോധി വൈരുദ്ധ്യ ധർമ്മ അവഗാഹി ജ്ഞാനം അത് അനുരചനീയമല്ല വിപരിയെന്ന് പറഞ്ഞാലോ തദ്ഭാവതി തത്പ്രകാരകൻ ജ്ഞാനം അതാണ് വിപരീയം ഇത് രണ്ടും അനുവചനീയമല്ല ആണോ ഇനി വിരോധം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും വരാം എന്താണ് ആത്മാവിലെ ഒരു വിശേഷ ഗുണമാണ് ഞാനും അപ്പം അവിടെ ഒരു നിയമമുണ്ട് ആത്മാവിൽ ഒരു വിശേഷ ഗുണം സ്വത്തരവർത്തി വിശേഷഗുണം കൊണ്ട് നശിച്ചു ഏത് വിശേഷ ഗുണമായാലും ശരി അടുത്തൊരു ഗുണം വന്ന് അതുകൊണ്ട് ഇച്ഛ നശിക്കും ജ്ഞാനമുണ്ടായി അടുത്തൊരു ഗുണം വന്ന് അതുകൊണ്ട് ജ്ഞാനം നശിക്കും ഇങ്ങനെ ആത്മാവിനെ വിശേഷങ്ങളും എല്ലാം സ്വ ഗുണങ്ങളെ കൊണ്ട് നശിച്ചു എന്ന് പറഞ്ഞാൽ ഉത്തരവർത്തി ഗുണം പൂർവർത്തി ഗുണത്തിന് വിരോധിയാണ് അങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിന് വിരോധിയാണ് അടുത്ത് വരുന്ന വിശേഷ ഗുണം അപ്പൊ ജ്ഞാനവിരോധിയായി ആത്മാവിന്റെ വിശേഷ ഗുണങ്ങളെടുക്കാം മനസിലായോ അതൊക്കെ തർക്കത്തിന്റെ അഭിപ്രായം വിദ്യ യഥാണത് ജ്ഞാനം അതിന്റെ വിരോധിയാണ് സംശയവും വിവരിയും അതിനൊക്കെ താർക്കികമാർക്ക് ലക്ഷണമുണ്ട് വൈശിഷ്ടവകാഹിജ്ഞാനം തദ്ധ തത്വകാർഗ്ഞാനം ഇങ്ങനെയുള്ള ഓരോന്നിനും നിർവചനമുണ്ട് ഇതൊന്നും അനിർവചനീയല്ല ആണോ വിദ്യ എന്ന് പറയുന്നുണ്ട് യഥാർത്ഥ ജ്ഞാനത്തെടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അത് സംശയത്തിനും വിവരത്തിനും വിരോധിയാണ് സംശയ വിവരങ്ങൾ അനുവചനീയമല്ല പിന്നെ വിദ്യ ജ്ഞാനം എന്നുള്ള വിശേഷ ഗുണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് വിരോധിയാണ് സുഹോത്തരവർത്തി വിശേഷങ്ങളും എന്ന പൂർവ്വത്തിനെ നശിപ്പിക്കുന്നു അപ്പോ ഇതൊന്നും തന്നെ ഈ ഗുണങ്ങളെടുത്തു കഴിഞ്ഞാൽ അതും അനുവചനീയം അല്ല അതിനൊക്കെ ലക്ഷണമുണ്ട് അതുകൊണ്ടാണ് അനുജനിയല്ലാത്തത് അതിനെയൊക്കെ നിർവചിക്കാം അതെന്ന് പറയുന്നത് ദ്വിതീയേതു രണ്ടാമത്തെ അർത്ഥത്തിൽ സംശയ വിദ്യാവിരോധിനോ സംശയം പരിയാസം തുടങ്ങിയവ വിദ്യക്ക് പിന്നെ ഗുണാന്തരസ്യ മറ്റു ഗുണങ്ങൾ മറ്റു ഗുണങ്ങളെന്ന് പറയുന്നത് ആത്മാവിലുള്ള വിശേഷ ജ്ഞാനവിരോധി ജ്ഞാനത്തെ നശിപ്പിക്കുന്നതോ ജ്ഞാനം നശിപ്പിക്കുന്നതോ അല്ല ഇന്ന അനുരചനീയത ഉപപത്തി ഇതൊന്നും അനുവചനീയം അല്ല ഇതൊക്കെ അനുവചനീയമാണെന്നുള്ളതിന് ഉപപത്തില്ല എന്തുകൊണ്ട് പ്രസിദ്ധ ഭാവസ്വഭാവോ ഇതെല്ലാം എന്താണ് ഭാവ പദാർത്ഥങ്ങളാണ് ഈ പറഞ്ഞ എല്ലാം തന്നെ ഏത് സംശയവിപ സംശയം വിപരിയും വിശേഷ ഗുണങ്ങളെല്ലാം ഭാവമാണ് അല്ല അനോചനീയം അല്ല പ്രസിദ്ധ ഭാവ സ്വഭാവ വ്യാപോപാധി ഇതിനെക്കാൾ നിങ്ങൾ അനുവദനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭാവമല്ലാന്ന് വരും അത് ഭാവപദാർത്ഥങ്ങളാണ് ഭാവപദാർത്ഥങ്ങൾ നിങ്ങൾ ഇങ്ങനെ പറയും അനുവദനീയം പറയാൻ കഴിയത്തില്ല കഴിയത്തില്ലതാണ് പ്രസിദ്ധ ഭാവസ്വഭാവം ഇനി മൂന്നാമത്തത് മൂന്നാമത്തെ എന്താണ് തദന്യത്വം ൃതീയോ മൂന്നാമത് ശരിയല്ല അവിദ്യ എന്ന് പറയുന്നു അന്യ അവിദ്യ എന്ന് പറയുന്നു തദ് അശേഭ്യോ അന്യശ്വ എന്ന് പറയുന്നു അശ്വങ്ങളിൽ നിന്ന് അന്യമാണ് അതുപോലെ അങ്ങനെ വന്നുകഴിഞ്ഞാലോ വിദ്യ അതിരിതമസ്ത അവിദ്യാത്വപ്രസംഗ അങ്ങനെ വന്നു വിദ്യയിൽ നിന്ന് അന്യമായത് ഏതാ എല്ലാ സർവവും സർവബന്ധാവും അവിദ്യ എന്ന് പറഞ്ഞാൽ സർവ്വബന്ധമായി മാറും അവിദ്യ അനുവചനീയമാവും വിദ്യയിൽ നിന്ന് ഭിന്നമായിട്ടുള്ള സർവ ആത്മാവും അനാത്മാവും ഭാവവും അഭാവവും സർവവന്തായി അവിദ്യ അനുവചനീയമായി ഇതാണ് അവൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ നഞ്ഞന്റെ ഈ മൂന്നർത്ഥം പ്രസിദ്ധമാണ് ഈ മൂന്നും യോജിക്കുന്നുണ്ടെങ്കിൽ അവിദ്യ നിന്ന് എങ്ങനെയാണ് അനുവചനീയത്വം എന്നുള്ള അർത്ഥം ആണ് വിദ്യാതിരിക്ത സമസ്തസ് അവിദ്യത്വ അതുകൊണ്ട് ഉപ്പപത്തിയില്ല വിദ്യ എന്ന് പറയുന്നത് അനുവചനീയമാണ് എന്നുള്ളതിന് ഉപത്തി ലക്ഷണം പ്രമാണം വാ പശ്യാമഹ പൂർവക്ഷി പറയുന്നത് ഞങ്ങൾ നോക്കിയിട്ട് ഈ നിങ്ങൾ പറയുന്ന അനുപചനീയമായ ആ വിദ്യക്കൊരു ലക്ഷണവുമില്ല പ്രമാണവും ഇല്ല രണ്ടുമില്ല എന്തിനാ ലക്ഷണവും പ്രമാണവും ലക്ഷണപ്രമാണാഭ്യാം വസ്തു സിദ്ധി ലക്ഷണവും പ്രമാണവും ഇല്ലാത്ത ഒന്നിങ്ങനെ വസ്തുവാങ്ങും അവിദ്യ എന്ന് പറയുന്ന ഒരു പദാർത്ഥം എങ്ങനെ ശ്രദ്ധിക്കും അങ്ങനെ ഒന്നില്ല ഇനി ഓരോ ലക്ഷണമായിട്ട് പറഞ്ഞു പോകാം ജ്ഞാന നിവർത്യം അജ്ഞാനം ജ്ഞാനം കൊണ്ട് നിവർത്തിക്കപ്പെടുന്നത് അല്ലാതാവുന്നു അതാണ് അജ്ഞാനം എന്ന് പറഞ്ഞാലോ ആ ഒരു ലക്ഷണം പറയാം എന്താണ് അജ്ഞാനത്തിന്റെ ലക്ഷണം നിവർത്തിയം ജ്ഞാനം കൊണ്ട് നശിച്ചുപോകുന്നു ഒന്നാമത്തെ ലക്ഷണം ശരിയാകത്തില്ല പൂർവ്വജ്ഞാനസ്യാബി തന്നിവർത്യസ്യ അജ്ഞാനത്വപ്രാപ്തി നേരത്തെ പറഞ്ഞല്ലോ ആത്മാവിൽ ഒരു വിശേഷ ഗുണം ഇരിക്കെ മറ്റൊരു വിശേഷഗുണം വന്നു കഴിഞ്ഞാൽ പൂർവത്തത് നശിക്കും നൈയായികന്മാരുടെ നിയമമാണ് അപ്പോൾ ചുരുക്കം എന്തായി ഒരു ജ്ഞാനം അതിൻ്റെ പൂർവജ്ഞാനത്തെ നശിപ്പിക്കും അപ്പൊ ജ്ഞാനനിവൃത്തിയമായി ഏത് അപ്പൊ പൂർവ്വജ്ഞാനമായി പൂർവജ്ഞാനാണോ അനർവചനീയ അജ്ഞാനം എന്ന് പറയുന്നത് അപ്പൊ പറയാൻ പറ്റില്ലല്ലോ ആണ് പറയുന്നത് ജ്ഞാനനിവർത്തിന്ന് പറഞ്ഞാൽ പൂർവജ്ഞാനി ജ്ഞാനത്തിന്റെ പൂർവ്വത്തിൽ ആത്മാവല്ലിരിക്കുന്ന ജ്ഞാനവും തന്നിവർത്യസ്യ ഉത്തരജ്ഞാന അജ്ഞാന അജ്ഞാനത്വപ്രാപ്ത അതിനെ അനർവചനീയ അജ്ഞാനമെന്ന് പറയേണ്ടി വരും ശരി എന്നാ പറയുന്നു അദ്ദേഹം പറയുന്നു ഞങ്ങൾ അത് വിട്ട് വേറെന്ന് പറയാം അനാദിത്വ സതി ജ്ഞാനനിവർത്തിവം അങ്ങനെ ലക്ഷ്യം പറയുന്നു അനാദിത്വ സതി പൂർവജ്ഞാനം എന്താ അനാദിയാണോ അല്ല എന്തുകൊണ്ട് ആത്മാവിൽ ജ്ഞാനം സമവായ സംബന്ധത്തിൽ ഉണ്ടാകുന്നു എന്നാണ് താർക്കീയന്മാരുടെ മതം സമവായ സംബന്ധത്തിൽ ഉണ്ടാകുന്നു അനാദിയാവൂ അപ്പൊ പൂർവ്വജ്ഞാനം എന്ന് പറയുന്നത് അനാദിത്വ സതി ജ്ഞാനെന്ന് വൃത്തി ആണ് ഞാനെന്ന് വൃത്തി പക്ഷെ പൂർവ്വജ്ഞാനത്തിൽ അനാദിത്വം ഇല്ല ഇല്ല ൊണ്ട് അനാദിത്വസതി ജ്ഞാനം നിവൃത്തിയോ എന്ന് പറഞ്ഞാൽ പൂർവ്വജ്ഞാനത്തിൽ പോകത്തില്ല പക്ഷേ പോകും എവിടെ പോകും ജ്ഞാനപ്രാഗഭാവത്തിൽ ഒരു ജ്ഞാനം ആത്മാവിൽ സമായ സംബന്ധത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെ അതിൻ്റെ പ്രാഗഭാവം നശിക്കുന്നു പ്രാഗഭാവത്തിന് ആദ്യം ഉണ്ട എന്താണ് പ്രാഗഭാവത്തിൻ്റെ ലക്ഷ്മൻ പറഞ്ഞത് അനാദിസാന്തഹ പ്രാഗഭാവം അപ്പൊ അനാദിത്യസ്ഥാനെന്ന് വൃത്തിയോ എന്ന് പറഞ്ഞാൽ എവിടെ പോകുന്നു ജ്ഞാനപ്രാഗഭാവത്തിൽ പോകുന്നു അതെന്താ വിദ്യയാണ് അതിനെയാണ് നിങ്ങൾ അവിദ്യ എന്ന് പറയുന്നതെന്ന് അദ്വൈതയോട് ചോദിക്കുന്നു നിങ്ങളുടെ അനുവചനീയ അവിദ്യ എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ പ്രാഗഭാവമാണോ അല്ല അതാണ് അനാദിത്വ വിശേഷണ അദോഷ ഇതിച്ച് ജ്ഞാനപ്രാഗഭാവേറ ജ്ഞാനപ്രാഗഭാവത്തിൽ ലക്ഷണം പോകുന്നു അതുകൊണ്ട് ദോഷം വന്നു എന്നാൽ മാറ്റിയിട്ടു പറയും അടുത്ത് അനാദിഭാവത്വസ്ഥ്ഞാനനിവർത്യം അജ്ഞാനം എന്ന് പറയുന്നു അനാദി ഭാവനിവൃ ഭാവതിയോ ഭാവത്വസതി ജ്ഞാന നിവൃത്തിയോ എന്ന് പറഞ്ഞാൽ പൂർവ്വജ്ഞാനത്തിൽ പോകും പൂർവജ്ഞാനം ഭാവമാണ് ഞാനെ നിവൃത്തി കേവലം അനാദിത്വസതി ജ്ഞാന നിവൃത്തിയോ എന്ന് പറഞ്ഞാൽ പ്രാഗഭാവത്തിൽ പോകും അനാദിയാണ് ഞാനെന്ത്വൃത്തി അനാദി ഭാവത്വം എന്ന് പറഞ്ഞാൽ അനാദിത്വം പ്ലസ് ഭാവത്വം അനാദിഭാവത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഗഭാവത്തിൽ പോവും പ്രാഗഭാവം അനാദിഭാവത്വം അവിടെ ഇല്ല അപ്പൊ അനാധിഭാവത്വ സതി ജ്ഞാന നിവൃത്യം എന്തോ അതാണ് അവിദ്യ അപ്പൊ ഇവിടെ പോകത്തില്ല പ്രകഭാവത്തിൽ പോകത്തില്ല അനാദിഭാവസ്വത്വസതി ജ്ഞാന നിവൃത്തിം അജ്ഞാന വിധ അതൊരിക്കലും ശരിയാവും പിന്നെ എന്തുകൊണ്ട് അനാഥേര ഭാവസ്ഥ ആത്മവത് നിത്യത്വേന നിവൃത്യത്വ അനുപത്യേ നോക്കുന്നു അനാദിഭാവം എന്ന് പറഞ്ഞാരാ ആകാശം കാലം ദിക്ക് ആത്മ മനസ്സ് ഇതെല്ലാം എന്താണ് അനാദിഭാവമാണ് ഇതൊക്കെ ഞാനും കൊണ്ട് നശിക്കൂ ഇതിലേതെങ്കിലും നശിക്കോ ഞാനും കൊണ്ട് നശിക്കുന്നതാണോ ഞാനൊരു ഗുണമാണ് അതുകൊണ്ട് മറ്റ് വിശേഷ ഗുണങ്ങളും നശിക്കാം അതിന്റെ പ്രാഗഭാവം നശിക്കാം അല്ലാതെ ഈ പറയുന്ന ആത്മാവ് ഞാനും കൊണ്ട് നശിക്കും അപ്പൊ അനാദിഭാവത്യസതി ഞാനെന്ന് വൃത്തിയെന്ന് പറഞ്ഞാൽ എവിടെ പോകുന്നു അനാദി ഭാവത്വസതി നിവൃത്യം അനാദിഭാവങ്ങളായ ആത്മാദികൾ ഞാനങ്ങൊണ്ട് നിവർത്തിക്കുന്നേയില്ല പിന്നെ എവിടെ പോകും അനാദിഭാവത്തിൽ സ്ഥിതി ഞാൻ കാരണം അനാദിഭാവം ആണെങ്കിൽ അത് നിത്യമാകും അപ്പൊ ഏതാണ് അനാദിഭാവമായിരിക്കുക ഞാനും കൊണ്ട് നിവർത്തിക്കുക അത് കാണിച്ചു തരണം ഏതാ അനാദിഭാവങ്ങളെന്ന് പറയുന്നത് ആത്മാവ് മറ്റുമാണ് അനാദിഭാവങ്ങളെന്ന് പറയുന്നത് അപ്പൊ അത് ഞാനൊന്ന് വൃത്തിയാണ് പിന്നെ നിങ്ങൾ ഏതാ പറയുന്നത് അനാദിഭാവവുമായിരിക്കണം ഞാനൊന്ന് വൃത്തിയുമാണ് അങ്ങനെ പറയാനൊന്നുമില്ല അതെന്താണെന്ന് പദാർത്ഥ നിങ്ങളൊന്നു പറയുന്ന കാണിക്കണ്ട പറയാൻ പറ്റുമോ അവിദ്യ എന്തുകൊണ്ട് അത് അനാദിഭാവവും അനാധിഭാവം ആയിരിക്കണം ഞാനും കൊണ്ട് നിവർത്തിക്കുമ്പോൾ സാധനം എന്താണ് കാണിച്ചു തരുക നല്ല പിന്നെ അതിന് അവിദ്യ എന്ന് പറയാൻ പറ്റൂ അങ്ങനെ എന്താ ഉള്ളത് ഒരു സാധനം കാണിച്ചു തരാൻ പറ്റൂ കടമോ പടമോ ഏതെങ്കിലും എഴുതിട്ട് പറയുന്നത് അനാധിഭാവമാണ് ഞാൻ നിവർത്തിയാണെങ്കിൽ ഞങ്ങൾ പറയാം ഇതാണ് അവിദ്യ ലക്ഷ്യം അതാണ് ലക്ഷണം പറയുമ്പോൾ ലക്ഷ്യം വേണ്ടേ നിങ്ങളുടെ ലക്ഷ്യം എന്താണ് അനാദിഭാവത്യ ഭാവിദ്യ പറഞ്ഞാൽ എന്താ സാധനം അനാദിഭാവത്യസീ ഭാവം നിവൃത്തി എന്താ സാധനം പൊട്ടത്തേങ്ങയാണോ എന്താ സാധനം ആകെ അനാദിഭാവത്വം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വരികയുള്ള ഏതൊക്കെയാണ് ആകാശവാദികൾ അത് ഞാനെന്ത് വൃത്തിയാണോ എന്താ പിന്നെന്താ അങ്ങനെ ഒരു സാധനം ഇല്ല അന്വേഷണം ശരിയാകും അതാണ് അനാഥേർ ഭാവസ്യ ആത്മവത് നിത്യത്വേന നിവർത്തിയത്വ അനുപത്തി ഇനി വേണമെങ്കിൽ അനാദിഭാവം ഞാൻ നിവൃത്തി ഒന്ന് കാണിച്ചു തരാം താർഗ്യം പറയു പറയുന്നു അഥ ചിരന്തമതാനുസാരേണ അനാദേവ ഭാവശ്യ പരമാണുഗത ശാമത്വാദ ഇവ നിവർത്തിത്വം ഉച്ചയതസ്മെന്നവരജ്ഞാന നിവൃത്തിയെ അതിവ്യക്തി എന്താ പറഞ്ഞാൽ അനാദിഭാവത്വം ജ്ഞാനനിവൃത്തിം എന്ന് വേണമെന്നല്ലേ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊന്ന് കാണിച്ചു തരാം താർക്കികന്മാരിൽ തന്നെ ജരന് നയ്യായികന്മാർ എന്ന് പറയും പഴയ ആൾക്കാർ അവർ പറയുന്നത് പരമാണുവിലിരിക്കുന്ന ശ്യാമരൂപം അത് അനാദിഭാവമാണ് ജ്ഞാന നിവൃത്തിയുമാണ് അതെങ്ങനെ ജ്ഞാന നിവൃത്തി ആകുമ്പോൾ ഈശ്വരജ്ഞാനം കൊണ്ട് നിവർത്തിക്കുന്നു എന്നുവെച്ചാൽ പരം ഘടത്തെ എടുത്ത് അടുപ്പിൽ വെച്ചപ്പോ ശ്യാമവർണം പോയിട്ട് എന്തുകൊന്നു രക്തവർണ്ണം വന്ന് എന്തുകൊണ്ട് പരമാണുവിൽ അനാദിയായിരുന്ന ശ്യാമവർണം ഈശ്വരജ്ഞാനം കൊണ്ട് നശിച്ചിട്ടെന്ത് ചെയ്തു രക്തവർണ്ണം വന്ന് അതായത് ഈ കുലാലൻ ഇത്രയും കഷ്ടപ്പെട്ട് ഘടത്തെ ഉണ്ടാക്കി ചൂളയുണ്ടാക്കി അതിനകത്ത് കൊണ്ടുവന്നു കത്തിച്ചതിന് വേണ്ടി അത് ചോക്കാൻ വേണ്ടിട്ടാണ് ചുവന്ന ചുമന്ന കളർ വരാൻ വേണ്ടിട്ടാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നത് ഇപ്പൊ ഈശ്വരന് കാരണം തോന്നിയിട്ട് എന്ത് ചെയ്തു ഈശ്വരൻ ആ കറുപ്പ് നിറത്തെ മാറ്റി ചുവപ്പാക്കി കൊടുത്തു ആ ഇവിടെ എല്ലാം ഈശ്വരന്റെ ഇതുകൊണ്ട് നടക്കുന്നു എന്നല്ലേ നിങ്ങള് പറയുന്നത് ഇവിടെ എന്തു നടക്കുന്നെങ്കിലും എന്ത് വേണം ഈശ്വരന്റെ സങ്കല്പം വേണം അപ്പൊ ഈശ്വര ഈശ്വര ഇതെല്ലാം കണ്ടു ഈശ്വര ജ്ഞാനം കൊണ്ട് എന്ത് ചെയ്തു കുലാലന്റെ അടുപ്പിലിരുന്ന ഘടകത്തിന്റെ പരമാണുവിന്റെ ശ്യാമനിറം നശിച്ചു അപ്പൊ അനാദിത്യേശ്വതി നിവർത്തി എന്തായി ഘടകത ഘട പരമാണുഗതമായ ശ്യാമരൂപം ഇപ്പൊ സാധനം കിട്ടിയോ എന്നി പറയൂ ഇത് അനുവചനീയ വിദ്യയാണോ ഘടകമായ ശ്യാമം എന്ന് പറയുന്ന നിങ്ങള് പറയത് അവിദ്യയാണ് നേരിടണാവിദ്യുന്നു ആണോ ഏ ആണോ അനാദിത്യസതി ഭാവം നിവൃത്തിയോ എന്ന് പറഞ്ഞാൽ ഘട പരമാണുഗതമായ ശ്യാമരൂപത്തിൽ പോകും അത്രയാണ് തൈജസ കാര്യമായി അതല്ലേ ജലം നൈയായികന്മാരെന്ന് പറഞ്ഞു പിന്നെ ഈശ്വരനെ ഇത്രയും കഷ്ടപ്പെടുത്തണ്ടോ എന്ന് പുതിയ നയ്യായികന്മാരെ പറഞ്ഞു അത് പാവം കൊണ്ട് നശിക്കും അവിടെ ഈശ്വരനെന്തിനാവശ്യമില്ലാത്ത കാര്യത്തിൽ അത് പിടിച്ചെടുത്തത് അതാണ് പറയുന്നത് അത ചിരന്തന മതം ചിരന്തനം എന്ന് പറഞ്ഞാൽ നിരന്തയായികന്മാർ അവിടെ അഭിപ്രായം അനുസരിച്ച് അനാദേരേവ ഭാവസ്ഥ പരമാണുഗത ശ്യാമത്വാദേരിവ അനാദിയായ ഭാവമായ പരമാണുലുള്ള ശ്യാമത്വാതരിവ നിവർത്തിയത്വമുച്ചേ നിവർത്തിയത്വം പറയുകയാണെങ്കിൽ എന്തു പറയേണ്ടി വരും അർഹി തസ്മിന്നേവ ഈശ്വരജ്ഞാന നിവൃത്തിയെ ആ പരമാണുഗത ശ്യാമം എന്താണ് ഈശ്വരജ്ഞാന നിവർത്തിയമാണതിൽ അതിവ്യാപ്തി പോകും എന്തുകൊണ്ട് തൊതുപ്തലക്ഷണ അഭിതസ്യ നിങ്ങൾ പറഞ്ഞ ലക്ഷണം അവിടെ യോജിക്കുന്നുണ്ട് എങ്കിലും അത് അനുവചനീയ വിദ്യ അല്ല അജ്ഞാനത്വഭാവെന്ന് പറഞ്ഞാൽ അവിടെ അനുവചനീയ വിദ്യ അല്ല എന്ത് ശ്യാമവർണം അനാദിത്വ ഭാവത്വസ്ഥിതി ഞാന നിവൃത്യത്വം അവിടെ വന്നു അഥ അനാദ്യ അനിർവചനീയജ്ഞാനം തഥ്പ നിർവചന അഗോചരത്തായ ഭാവ അഭാവവിലായ അസംഭവി അപ്പൊ അത് ഇനി പറയുന്നത് നന്നായി ഞങ്ങളതെല്ലാം വിട്ടു അനിർവചനീയ അവിദ്യ എന്ന് പറയും ഈ അനിർവചനീയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞുതരാം എന്താണ് നിർവചന അവിഷയത്വം നിർവചന അവിഷയത്വം അതാണ് എന്നുവെച്ചാ നിർവചിക്കാൻ കഴിയത്തില്ല അതാണ് അനുവചനീയം അപ്പൊ മനസ്സിലായോ അപ്പൊ ശരിയായോ നിർവചിക്കാൻ കഴിയാത്ത ആ വിദ്യ എന്താണ് നിർവചനീയ വിദ്യ ഇതിലെന്തെങ്കിലും ദോഷം ഉണ്ടോ നിർവചന ഏഹ് നിർവചനം നിർവചനിക്കാൻ കഴിയാത്ത ആ നിർവചിക്കാൻ നിങ്ങളോട് ചോദിക്കുന്ന എന്താണ് എന്താണ് അനുവചനീയം പറയുന്നു നിർവചനാ വിഷയം നിർവചന വിഷയമൊന്നും നിങ്ങൾ നിർവചിച്ചില്ലേ നിർവചിച്ചോ അനുവജനീയത്തെ നിർവചിച്ച എങ്ങനെയാണ് നിർവചന വിഷയം മുമ്പിനെങ്ങനെ അനുവചനീയം എന്ന് പറയാൻ പറ്റും അതായത് അനിർവചനീയം എന്ന് പറയുന്നതിന് എന്തെങ്കിലും ഒരു നിർവചനം പറഞ്ഞാൽ അത് അവിദ്യയെ വിശേഷിപ്പിക്കാണ് എന്ത് അനുവചനീയം ചോദിക്കുന്നത് എന്താ അനുവജനീയം അതിനർത്ഥം പറഞ്ഞാൽ എന്തായി നിർവചനീയമായി അപ്പൊ നിർവചനീയവിദ്യ അനുവജനീയം എന്തെന്ന് ചോദിച്ചാ വാ തുറന്നാൽ നിർവചനീയമായി പിന്നെ അനുവദനീയവിദ്യ ഉണ്ടോ ഈ നിർവചനം അനിർവചനീയത്തെ തന്നെ അത് തന്നെയാ അത് അവിദ്യയുടെ വിശേഷണല്ലേ വിശേഷണമല്ലേ അനുവജനീയവിദ്യ എന്നല്ലേ പറയുന്നു അപ്പൊ അനുവജനീയത്തെ ആണ് നിർവചിക്കേണ്ടത് ീയംന്ന് പറയുന്ന എന്തിനാ അവിദ്യ അല്ലേ അത് വിശേഷണല്ലേ അപ്പൊ അനുവചനീയം വേറെ അവിദ്യ വേറെ രണ്ടുണ്ടോ അവിടെ അനുവജനീയം വേറെ അപ്പൊ പറയണല്ല അനുവജനീം ഞങ്ങളുടെ വേറെ അവിദ്യ വേറെ രണ്ടുനാണോ രണ്ടാണോ എന്നാ പിന്നെ രണ്ടും ശരി അവിദ്യ മാറ്റി എന്താ അനുവജനീയം പറയേണ്ടി വരെ നിർവചന അസഖ്യം പോയോ പാനുവേനീയും പോയല്ലോ അതങ്ങനെന്താ പറയുന്നത് അനുവചനീയം ഏതോ അതാണ് അവിദ്യ കർമ്മധാര സമാസ സമാസമാണ് അനിർവചനീയ അവിദ്യ പാനുവേനിയെന്ന് ചോദിച്ചോ പറഞ്ഞ് നിർവചന അശഖ്യ അപ്പൊ പിന്നെ നിർവചനീയമായി പാനുവിനീയ വിദ്യ ഇല്ല ഇത് ആർക്കെങ്കിലും നിർവചിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിർവചിച്ചാണ് മുമ്പോട്ട് പോവുകയാണ് അതാണ് അധ അനാദി അനിർവചനീയവജ്ഞാനം തഥി പറയുന്നു നിർവചന അഗോചരത്തായ എന്താ കാരണം ഒന്ന് നിർവചന അഗോചരത നിർവചന അവിഷയത അത് ശരിയാവത്തില്ല അതെന്താണ് അസംഭവമാണ് അങ്ങനെ പറഞ്ഞാൽ അനുവദനീയം എന്ന് പറഞ്ഞാൽ നിർവചിക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ നിർവചനമായി നിർവചനമായി കഴിഞ്ഞാൽ പിന്നെ അനുവചനീയം എന്ന് പറയാൻ കഴിയത്തില്ല പിന്നെ ഇനി പറയുന്നത് ശരിയെന്ന അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഭാവ അഭാവവില അതാണ് ശരി ഇതെന്താണെന്ന് നോക്കാം കാർഗേന്മാർ പറ എന്താണ് ഭാവം എന്ന് പറഞ്ഞാൽ സത്താവത്വം സത്താവത്വം ഭാവത്വം ശരി അഭാവം എന്ന് പറഞ്ഞാലോ ഭാവഭിന്നം ആ പിന്നെ നിങ്ങൾ പറയുന്നു ഭാവാഭാവോ അത് ഉഭയമാണോ ഭാവാഭാവ ഉഭയം അതിനാണോ നിങ്ങൾ ഭാവാഭാവം എന്ന് പറഞ്ഞത് എന്നുവെച്ചാ ഭാവവും അഭാവവും കൂടെ ചേർന്ന് അങ്ങനെ ഒന്നുണ്ടോ ഏതെങ്കിലും ഒരു പദാർത്ഥത്തെടുത്തിട്ട് പറയുകയാണ് അതായത് ഭാവവും അഭാവവും കൂടെ ചേർന്നതാണ് ഭാവാഭാവ ഉഭയമുണ്ടോ ഏ ഭാവാഭാവ ഉഭയവുമായ ഒരു പദാർത്ഥമുണ്ടോ സപ്തപദാർത്ഥങ്ങൾ ഒന്നുകിൽ ഭാവം അല്ലെങ്കിൽ അഭാവം അപ്പം ഭാവാഭാവ ഉഭയോ എന്ന് പറയാൻ പറ്റില്ല പിന്നെ എന്ത് പറയാൻ പറ്റും ഭാവാഭാവ ഉഭയവിലണം എന്ന് പറയാം ഭാവാഭാവ ഉഭയവില എന്നാൽ ശരി സമ്മതിച്ചു സപ്തപദാർത്ഥങ്ങൾ ഏതാണ് നിങ്ങളീ പറയുന്ന ഭാവാഭാവ ഉഭയഭിന്നം ആറ് ഒന്നാമതേ ഏഴാമത്തെ ഭാവാഭാവ ഉഭയം എന്ന് പറഞ്ഞാലും മാറും ഏഴും എന്താ ഭാവാഭാവ ഉപയവിലെന്ന് വെച്ചാൽ ഭിന്നം ഭാവാഭാവ ഉലക്ഷണം എന്ന് പറഞ്ഞാൽ ഏ അത് ആദ്യം ഉഭയം വേണ്ടേ ഉഭയം വന്നാലേ ഉഭയവിലണം വരത്തുള്ളു അല്ലേ കടത്തിൽ നിന്ന് ഭിന്നമാണ് പടമെന്ന് വരുവാണെങ്കിൽ ആദ്യം എന്ത് വേണം ഘടം വേണ്ടേ ഘടമില്ലാതെ പറയാൻ പറ്റുമോ ഘട ഭിന്നമാണ് പടം എന്ന് പറയാൻ പറ്റുമോ പ്രതിയോഗിജ്ഞാനം കൂടാതെ അഭാവജ്ഞാനം ഉണ്ടാകാതില്ല അപ്പം ഭാവാഭാവ ഉഭയവേ ഇല്ല അപ്പം അത് ശ്രദ്ധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഭാവാഭാവ ഉഭയവിലും ശ്രദ്ധിക്കത്തില്ല നിങ്ങൾക്ക് അങ്ങേയറ്റ അനുവചനീയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിപ്പറയാ എന്താണ് ഭാവാഭാവ ഉഭയ ിലണം ഭാവാഭാവോഭയമില്ല അതുകൊണ്ടുതന്നെ ഭാവാഭാവോയം അതുകൊണ്ട് അനുവചനീയ അനാദി അനുവചനീയ അനാദി അനുവചനീയ അവിദ്യ പറയുന്നത് എന്താണ് വെറും വാചാടവൂപ്പം കസർ അരികയാതൊരർത്ഥവും ഇല്ല എന്നാണ് അതാണ് ഭാവാഭാവവിലായും ആദ്യം പറഞ്ഞ നിർവചന അഗോചരതായും പിന്നെന്താണ് ഭാവാഭാവവില എന്ന് പറയുന്നതും അസംഭവി അസംഭവിയാണ് സംഭവം അസ്യസ്ഥീതി സംഭവി തസ്യഭാവ സംഭവിത്വം സംഭവിത്വം സംഭവിക്കില്ല അങ്ങനൊരു ഇടപാട് നടക്കത്തില്ല ആരുടെടുത്ത് ഞങ്ങളുടെ ഒന്നും അറിയാത്തവിടുമ്പ ചെന്ന് ഞങ്ങളുടെ അനാദിയനോദനാ വിദ്യ എന്നൊക്കെ പറഞ്ഞ അവരിങ്ങനെ വിളിച്ചിരിക്കും ഞങ്ങളുടെ അത് നടക്കില്ല നിങ്ങൾ പറയുന്ന അസംഭവമായൊരു കാര്യമാണ് എന്നാരും പറയുന്നു ആരോട് ഇനി അത് ഇതി എന്ത് പറയുന്നു നോക്ക് നോക്കാം